ധ്യായം ഇരുപത്തിനാല് അനന്തരം യോശുവ ഇസ്രയേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖയെ മിൽ കൂട്ടി ഇസ്രയേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വന്നു അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേര പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു യേശാവിന് ഞാൻ സെയ്യൂർ പർവ്വതം അവകാശമായി കൊടുത്തു എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി പിന്നെ ഞാൻ മോശയേയും അഹരോനെയും അയച്ചു ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവർത്തികളാൽ അതിനെ ബാധിച്ചു അതിന്റെ ശേഷം നിങ്ങളെ കടലിനരികെ എത്തി മിസ്രൈമർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു അവർ യഹോവിയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിശ്രയിമ്യർക്കും മധ്യേ അന്ധകാരം വെച്ച് കടൽ അവരുടെ മേൽ വരുത്തി അവരെ മൂക്കിക്കളഞ്ഞു ഇങ്ങനെ ഞാൻ മിശ്രൈമ്യരോട് ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടു നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു പിന്നെ ഞാൻ നിങ്ങളെ യോർദാൻ അക്കരെ പാർത്തിരുന്ന അമൂര്യരുടെ കൊണ്ടുവന്നു അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു അനന്തരം സിപ്പോരിന്റെ മകൻ മോവാഭ്യ രാജാവായ ബാലാഖ് പുറപ്പെട്ട് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ഷബിപ്പാൻ പെയോരിന്റെ മകനായ ബലയാമിനെ വിളിപ്പിച്ചു എങ്കിലും എനിക്ക് ബലയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലായികയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെ ഞാൻ നിങ്ങളെ അവന്റെ കൈയിൽ നിന്ന് പിടുവിച്ചു പിന്നെ നിങ്ങൾ യോർഡൻ കടന്ന് യരിഹോവിലേക്ക് വന്നു എരിഹോ നിവാസികൾ അമൂര്യ പെരിസ്യ കനാന്യ ഹിത്യർ ഗിർഗസ്യിവ്യ യൂസ്യ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടുന്നലിനെ അയച്ചു അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമൂര്യരുടെ ആ രണ്ടു രാജാക്കന്മാരെ ഓടിച്ചു നിന്റെ വാളുകൊണ്ടല്ല നിന്റെ വില്ലുകൊണ്ടും അല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവയിൽ പാർക്കുന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടെ സേവിപ്പി നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിശ്രയിമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്വി യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമൂര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തു ഓൾവി ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അതിന് ജനം ഉത്തരം പറഞ്ഞത് യഹോവയെ ഉപേക്ഷിച്ച് അന്യ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ ദേശത്തുനിന്ന് ഉറപ്പെടുവിച്ച് ഞങ്ങൾ കാണെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നുപോന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ ദേശത്തു പാർത്തിരുന്ന അമൂര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും അവനല്ലോ ഞങ്ങളുടെ ദൈവം യോശുവ ജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് യഹോവെ സേവിപ്പാൻ കഴിയുന്നതല്ല അവൻ പരിശുദ്ധ ദൈവം അവൻ തീക്ഷ്ണതയുള്ള ദൈവം അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല നിങ്ങൾ യഹോവെ ഉപേക്ഷിച്ച് അന്യ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും ജനം യോശുവയോട് അല്ല ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു യോശുവ ജനത്തോട് യഹോവിയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്നു പറഞ്ഞു അതെ ഞങ്ങൾ തന്നെ സാക്ഷികളെന്ന് അവർ പറഞ്ഞു ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയിങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പീൻ എന്ന് അവൻ പറഞ്ഞു ജനം യോശുവയോട് ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു അവർക്ക് ശേഖമിൽ വച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു പിന്നെ യോശുവനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിൻ കീഴെ നാട്ടിയും വെച്ച് യോശുവ സകല ജനത്തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ അത് യഹോവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ യോശുവ ജനത്തെ താൻ താങ്കളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു അതിന്റെ ശേഷം യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവനെ എപ്രയും പർവ്വതത്തിലുള്ള തിന്മിനാഥ് സേരഹിൽ ഗായശ്മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രയേലിനുവേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രയേൽ യഹോവയെ സേവിച്ചു ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോന്ന യോസെഫിന്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കോബോ ഷേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് നൂറു വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു അഹരോന്റെ മകൻ എലയാസാരും മരിച്ചു അവന് അവന്റെ മകനായ പിനഹാസിന് യഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു